എന്റെ ജനതയെ ഇതിനു പകരമായി ഞാൻ നിങ്ങളോട് സമ്പത്ത് ചോദിക്കുന്നില്ല എന്റെ പ്രതിഫലം അള്ളാഹുസ്ബഹാനഹൂവ ചായാലയിൽ നിന്നല്ലാതെ മറ്റൊന്നുമല്ല വിശ്വസിച്ചവരെ ഞാൻ പുറത്താക്കുകയുമില്ല തീർച്ചയായും അവർ അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നവരാണ് എന്നാൽ നിങ്ങൾ അറിവില്ലാത്ത ഒരു ജനതയാണെന്നാണ് ഞാൻ കാണുന്നത്